കിഴക്കും പടിഞ്ഞാറും അള്ളാഹു സുബഹാനുഹൂവറ്റ ആലയ്ക്കുള്ളതാണ് അതിനാൽ നിങ്ങൾ ഏതു ദിശയിലേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹു സുബഹാനുഹുവറ്റ ആലയുടെ മുഖമുണ്ട് തീർച്ചയായും അള്ളാഹുസുബഹാനുഹുവറ്റ ആല എല്ലാം വിപുലമായവനും എല്ലാം അറിയുന്നവനുമാകുന്നു